വേദക്കാരെ ദൂതന്മാരുടെ ഇടയിലുണ്ടായ ഒരു വിടവുകാലത്ത് നമ്മുടെ ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു ഞങ്ങളുടെ അടുക്കൽ ഒരു സന്തോഷവാർത്ത അറിയിച്ചവനോ മുന്നറിയിപ്പ് നൽകിയവനോ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയതിരിക്കാനാണത് ഇപ്പോൾ സന്തോഷവാർത്ത അറിയിച്ചവനും മുന്നറിയിപ്പ് നൽകിയവനും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു അള്ളാഹു സുബാനഹൂവത്ത് ആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്